ഭാമതി അധാതു ബ്രഹ്മ ജിജ്ഞാസ അതിന്റെ തുടക്കം അധാതു ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നതിന് മുമ്പില് സിദ്ധാന്തസ്തു അതിനു മുമ്പ് ഏതാവാൻ അത്ര അർത്ഥ സംക്ഷേപ അത് വായിച്ചാണത് വിടെ പറഞ്ഞു എന്താണ് വേദാന്തത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കർത്തൃത്വ ഭോക്തൃത്വരഹിതമായ നിഷ്പ്രപഞ്ചമായ ഏകമായ പ്രത്യേകാത്മാവാണ് പിന്നെ എന്നാൽ വേദാന്തം എന്ന് പറയുന്നത് ഉപചരിതാർത്ഥമാകാം പൂർവകക്ഷി പറഞ്ഞു കേവലം ജപത്തിന് മാത്രം ഉപയോഗമുള്ളതുമാകാം അതുകൊണ്ട് അതിന്റെ സ്വാർത്ഥം അങ്ങനെയൊരർത്ഥം അത് ഉപേക്ഷിതമല്ല അതുകൊണ്ട് വേദാന്ത ഉപനിഷർത്ഥത്തെ വിചാരം ചെയ്യുന്ന ഈ ചതുർലക്ഷണി നാല് അധ്യായങ്ങളുള്ള ശാരീരിക മീമാംസ്യമില്ല ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു എന്താണ് അഹം അനുഭവത്തിലൂടെ സിദ്ധമാണ് ആത്മാവ് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ് അത് സന്ദിഗമല്ല അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല അതിനു പ്രയോജനമില്ല തുടക്കത്തിൽ പറഞ്ഞ കാര്യം അത് സന്ദേഹവും പ്രയോജനവും ഇടത്തെ ജിജ്ഞാസുണ്ടാവും ജിജ്ഞാസയുള്ള അടുത്തേക്ക് വിചാരം വരും ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ പൂർവക്ഷം പറഞ്ഞു അപ്പൊ അതിന്റെ സിദ്ധാന്തമായിട്ടാണ് അടുത്ത് പറയുന്നത് നിങ്ങളീ പറയുന്നത് ശരിയാകുമായിരുന്നു എന്താണ് അഹം എന്ന് പറയുന്ന പ്രത്യേകം അഹംബോധം എന്ന് പറയുന്നത് പ്രമേയായിരുന്നെങ്കിൽ പ്രമാണെന്ന് അത് പ്രമേയമല്ല മാത്രമല്ല ബ്രഹ്മം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ അഹംബോധം പ്രമാണല്ല എന്തുകൊണ്ട് അഹംബോധം എന്ന് പറയുന്നത് അധ്യാസമാണ് കണ്ടില്ല അഹംബോധം എന്ന് പറയുന്നത് എന്താണ് അതൊരു ഭ്രാന്തിയാണ് ബാധകത്വ അനുഭവത്തെ അതിന് ഈ അഹംബോധത്തിന് ശ്രുതിയെ ബാധിക്കാൻ കഴിയത്തില്ല തസ്യന്ന് വെച്ച പ്രത്യേകിച്ച് തുടക്കത്തിൽ പറഞ്ഞു പ്രകാരേണ് ക്രമേണ അവിടെ എങ്ങനെയാണ് ഉം ആ അത് ശരിയാണ് ഉത്തേന പ്രകാരമാണ് ക്രമീകരണം രണ്ടാ ശരി മുമ്പ് പറഞ്ഞ പ്രകാരം മുമ്പ് പറഞ്ഞ രീതി അനുസരിച്ച് ശുത്യാദി ബാധകത്വ അനുപത്തേ അത് മുമ്പ് പറഞ്ഞ രീതിയിൽ ശുതിയാദികളെ ബാധിക്കണു കഴിയത്തില്ല എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു മുമ്പ് അത് വിശദീകരിച്ചു എങ്ങനെയാണ് വിശദീകരിച്ചത് ഞാൻ അഹം എന്ന് പറയുന്നത് പ്രത്യക്ഷമാണ് അപ്പോ പ്രത്യക്ഷം ജ്യഷ്ടപ്രമാണമാണ് പ്രത്യക്ഷത്തെ ആശ്രയിച്ചാണ് ബാക്കിയല്ല ശ്രുതി പോലും അതിന്റെ ഉത്പത്തിയിൽ ശ്രുതി എന്ന് പറയുന്നത് ശബ്ദമാണ് ശബ്ദം അതിന്റെ ഉത്പത്തിയിൽ പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു ശ്രവണേന്ദ്രിയെ ആശ്രയിച്ചിട്ടാണ് ശ്രുതിയുടെ ജ്ഞാനം പോലും ഉണ്ടാവുന്നു പക്ഷേ ആണെങ്കിലും ശ്രുതി എന്ന് പറയുന്നത് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം പറയുന്നത് ഈ അഹം അനുഭവം ബ്രഹ്മമല്ലെന്നാണ് മറിച്ച് എന്താ പറയുന്നത് അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നു നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ അപ്പൊ അത് അഹം അനുഭവത്തെ നിഷേധിച്ചിട്ട് കർത്തൃത്വഭോക്തൃത്വാദികളോടുകൂടിയിരിക്കുന്ന അഹം അനുഭവത്തെ നിഷേധിച്ചിട്ട് ശ്രുതി എന്ന് പറയുന്നു അഹം അനുഭവം അല്ല ബ്രഹ്മം മറിച്ച് നിത്യശുദ്ധ ബുദ്ധ ശ്രുതി സ്മൃതി ഇതിഹാസത്തിലാണോ എല്ലാം പറയും പിന്നെ ശ്രുതിയാണ് അവിടെ ബലം അതെ അഹം പ്രത്യക്ഷമാണ് ശ്രുതി എന്ന് പറയുന്നത് മറ്റൊരു പ്രമാണമാണ് ശബ്ദപ്രമാണമാണ് അഹം പ്രത്യക്ഷം പ്രഥമ പ്രമാണമാണ് ഇതിന് ഏതിനാണ് ബലം ശ്രുതിക്കെന്നും പറഞ്ഞു എന്തുകൊണ്ട് ശ്രുതിക്ക് ബലം അത് നിരസ്തമസ്ത ദോഷാശങ്ക ഒരു തരത്തിലുള്ള ദോഷവും ശ്രുതിയിൽ ശങ്കിക്കാനേ പാടില്ല എന്തുകൊണ്ട് തസ്യഅപ്പൂരുഷയതയാ നേരത്തെ പറഞ്ഞു ശ്രുതി എന്ന് പറയുന്നത് എന്താണ് അപൌരുഷയാണ് അപ്പോ അപൌരുഷയമായ ശ്രുതിയാണോ പ്രത്യക്ഷമാണ് പോലത് അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് അഹം എന്ന് പറയുന്ന അനുഭവം ഇതാണ് ഇതാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്ന് പറയുന്ന അല്ല നിത്യശുദ്ധ ബുദ്ധ മുക്തപ്പോ ഇതിനൊന്ന് നിഷേധിക്കണം ബലവേദനാണ് ശ്രുതിക്ക് ശ്രുതിയെ സ്വീകരിക്കുമ്പോ എന്തു അത് ശ്രുതി പ്രത്യക്ഷത്തെ നിഷേധിക്കുന്നു അത് ഉത്പാദക അപ്രതി ദ്വന്തിത്വം നേരത്തെ പറഞ്ഞു കാരണം ശരിയാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ശ്രുതിയിൽ നിന്ന് ഈ ബോധം ഉണ്ടാകുന്നു അത് കുഴപ്പമില്ല എന്തുകൊണ്ട് ശ്രുതി ഇതിനെ ഇന്ദ്രിയങ്ങളെ ഒന്നും പാരമാർത്ഥികമല്ല എന്ന് പറയുമ്പോഴും അതിന്റെ വ്യാവഹാരികത്വത്തെ നിഷേധിക്കുന്നില്ല അപ്പം വ്യാവഹാരികമായൊരു പ്രമാണമാണത് ഈ പ്രത്യക്ഷം ചെറുവിണേ അത് വ്യാവഹാരികമായി അതിനെ അംഗീകരിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ശ്രുതി എന്തു ചെയ്യുന്നു അതിന്റെ പാരമാർത്ഥിക അല്ല എന്ന് പറയും അതിനെ നിഷേധിക്കും അതുകൊണ്ട് പ്രത്യക്ഷ ശ്രുതിയായിട്ട് വിരോധമൊന്നുമില്ല ശ്രുതി പ്രത്യക്ഷത്തെ ബാധിക്കും പ്രത്യക്ഷത്തിന് ശ്രുതിയെ ബാധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ശ്രുതിയെ ഉപരിഷയാണ് അതിനാണ് അതാണ് പ്രബലമായ പ്രമാണം അപ്പൊ ഈ അദ്വൈതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈതി അതിനെ സമർത്ഥിക്കുന്നത് ശ്രുതി എന്ന് പറയുന്ന ഒരു പ്രമാണം വച്ചിട്ടാണ് ശ്രുതി എന്ന് പറയുന്ന ഈ ആദിവാസികളുടെ പാട്ടില്ലെങ്കിൽ അദ്വൈതമേ ഇല്ല മനസിലായ അദ്വൈതമില്ല പിന്നെ പേരെവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്നോണ്ട് എങ്ങനെ ശ്രദ്ധന്മാരൊക്കെ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു വിചാരിച്ചൊന്നും ബ്രഹ്മ ശ്രദ്ധിക്കത്തില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചില കിറുക്കുകളായിട്ട് എന്ന് പറഞ്ഞു തള്ളിക്കളയും മനസ്സിലായ ആർക്ക് എന്തും പറയാ ബ്രഹ്മമാണെന്നോ പറയാം അപ്പൊ ആണ് പറയുന്നത് എന്താണ് ഈ അഹം എന്ന് പറയുന്നതിനെ നിഷേധിച്ചു പറയുന്നു നീ നിത്യശുദ്ധ ബുദ്ധ അതാണ് ഉക്തണ ക്രമേണ അല്ലെങ്കിൽ ഉക്തേണ പ്രകാരേണെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ശ്രുതി അപൌരുഷേയമായത് കൊണ്ട് ശ്രുതിക്ക് ബലം അപ്പൊ പ്രത്യക്ഷത്തക്കാളി ശ്രുതിക്ക് എങ്ങനെ പ്രാമാണിമെന്ന് അതുകൊണ്ടാണ് അദ്വൈതികൾ എന്ത് ചെയ്യുന്നു ശ്രുതിയെ അപൌരുഷേയമായി സ്വീകരിക്കുന്നു അപൂരിഷേയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ണെങ്കിൽ അതാണ് പറഞ്ഞത് നിരസ്ഥ സമസ്ത ദോഷാശങ്ക അത് തരത്തിലുള്ള ദോഷവും ശകിക്കാനേ പറ്റത്തില്ല അപ്പൊ ആ ശ്രുതിയാണ് പറയുന്നത് എന്താണ് ബ്രഹ്മ നിർഗുണമാണ് അപ്പൊ പിന്നെ പ്രത്യക്ഷത്തിൽ ഞാൻ അഹമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇതിനെന്താ വരായില്ല ഇതിന് പിന്നെ അദ്വൈതിയുടെ സിദ്ധാന്തത്തിലെ ബ്രഹ്മം ശ്രുതിയെ പ്രമാണമായി അദ്വൈ സ്വീകരിക്കുന്നു അപൂരുഷീയമായി സ്വീകരിക്കുന്നു വിശിഷ്ടാദ്വൈതിയും ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നു അപോരുഷീയമായി സ്വീകരിക്കുന്നു പക്ഷെ രണ്ടുപേരുടെയും ബ്രഹ്മ രണ്ടാണ് അതങ്ങനെയത് രണ്ടുപേരും ഒരു ശ്രുതിയാണ് പ്രമാണമായി സ്വീകരിക്കുന്നു രണ്ടുപേരും പക്ഷെ ഒരു ബ്രഹ്മത്തല്ല സ്വീകരിക്കുന്നു അദ്വൈതി പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് ജഗതഭിന്ന അദ്വൈതി പറയുന്ന നിമിത്ത ഉപാദാന അവിദ്യ ഉപാധികം ജഗത്തിനോട് അഭിന്നമായിരിക്കുന്ന നിമിത്തവും ഉപാദാനവുമായിരിക്കുന്ന അവിദ്യയാകുന്ന ഉപാധിയോടുകൂടി ഇതാണ് ഇത്രയും പറയും ആര് പറയും അദ്വീതികള് പറയും ഇതേ ബ്രഹ്മ തന്നെ വിശിഷ്ടാദ്വീതി എന്താ പറയുന്നത് അജിത് ശരീര വിശിഷ്ടം ബ്രഹ്മം ചിത് അജിത് ശരീര വിശിഷ്ടമാണെന്താ ബ്രഹ്മ എന്ന് പറയും ആര് ഇഷ്ടാദ്വൈ ചിത്തെന്ന് പറയുന്ന ജീവന്മാർ അജിത് എന്ന് പറയുന്ന ജഡമായല്ല ഇത് രണ്ടു ബന്ധമാണ് ഈശ്വരന്റെ ശരീരമാണ് അപ്പൊ ചിത് ശരീര വിശിഷ്ടമാണെന്തത് വിശിഷ്ടാദ്വൈതിക്ക് ബ്രഹ്മ അദ്വൈതിക്കാണെങ്കിൽ അത് ജഗത് വിശിഷ്ടമല്ല പിന്നെ നിമിത്തവും വാദനവുമാണ് ചിലപ്പോൾ അഭിന്ന നിമിത്തോ വാദനമെന്നും പറയും അത് നിമിത്തമാണ് ഉപാദാനമാണ് എന്ന അവിദ്യയാകുന്ന ഉപാധിയോടുകൂടി ഇത് വന്നു ആർക്ക് അദ്വൈതി അപ്പോ എന്തുകൊണ്ട് ഇഷ്ടാദ്വൈര് പ്രാധാന്യം കൊടുക്കുന്നത് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അന്തരിയാമി പറയുന്ന ഒരു ഭാഗമാണ് പദ്ജ്യാമി ബ്രാഹ്മണത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവര് വ്യാഖ്യാനിക്കുന്നത് അദ്വേദി എന്താണ് ശ്രുതിക്ക് മുഴുവനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മുകൻഷത്തുകൾ എല്ലാം എടുക്കുന്നുണ്ട് വിശേഷിച്ച് തൈത്രിയത്തിൽ വരുന്ന ബ്രഹ്മനന്ദവല്ലിയൊക്കെ എടുത്ത് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് പഞ്ചകോശത്തിനപ്പുറമുള്ള ബ്രഹ്മം ബ്രഹ്മപുച്ചം പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്ന അതിനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടാണ് അദ്വൈരി അവിടെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് അദ്വൈരി ബ്രാഹ്മണമനുസരിച്ച് അന്തരോ വസതി എന്നൊക്കെ പറയുന്ന ഭാഗം ഇന്ദര്യാ ബ്രാഹ്മണത്തിന് കാണിനെ കൊടുത്തി വ്യാഖ്യാനിക്കുക രാമായണാചാര്യ വ്യാഖ്യാനിക്കുന്ന ചിത് അജിത്ത് ശരീരഭിഷ്ടം ബ്രഹ്മം അപ്പൊ രണ്ടുപേരും ഒരേ ശ്രുതിയെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് ബ്രഹ്മത്തെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു അപ്പൊ ശ്രുതി തന്നെ രണ്ടുപേർക്കും ബ്രാഹ്മണ് ഈശ്വര രണ്ടുപേർക്ക് ശ്രുതി അപ്പോ വിഷയമാണ് പിന്നെങ്ങനെ ഈ രണ്ടു തരത്തിൽ ബ്രഹ്മം വന്നു അങ്ങനെ വന്നു രണ്ടുപേരുടെയും തരത്തിൽ ശങ്കരാചാര്യരുടെയും രാമാനുചാര്യം ബുദ്ധിയുടെ വ്യത്യാസം കൊണ്ടാണ് രണ്ട് ബ്രഹ്മ എന്തുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ബുദ്ധി രണ്ടു തരത്തിലായി പോയി എന്തുകൊണ്ടാണ് ബുദ്ധി രണ്ടു തരത്തിലായത് അവരുടെ ബ്രെയിൻ രണ്ടു തരത്തിലായതുകൊണ്ട് ഇരുവരും മനസ്സിലാകില്ല അവന്റെ ജീനിന് വ്യത്യാസമുണ്ട് ജീനുകൾക്ക് വ്യത്യാസമുണ്ട് ബ്രെയിൻ രണ്ട് ബുദ്ധി വന്നു രണ്ട് ബുദ്ധി വന്നപ്പോഴത്തേക്ക് എന്താണ് രണ്ടുപേരും പറയുന്ന ശ്രുതി അപോരുഷയമാണ് രണ്ടുപേരും നിരസ്ഥ സമസ്ത ദോഷ ആശങ്കസ്യ അപ്പോരുഷേസ്യ എന്നൊക്കെ രണ്ടുപേരും പറയും എന്നിട്ട് ഒരാൾ എന്തൊക്കെയാമി ബ്രാഹ്മണത്തിന്റെ പ്രാധാന്യം കൊടുത്തിട്ട് പറയുന്നത് ബ്രഹ്മം എന്ന് ചിത് അചിത് ശരീരഭീഷ്ടമായ ഒന്നാണ് ഈ ജീവനും ഈ കാണുന്ന ജടുവണ്ണ ബന്ധമാണ് ഈശ്വരന്റെ ശരീരമാണ് മറ്റേ പറയുന്ന എന്താ പറയുന്നത് ജഗതഅിന്ന നിമിത്ത ഉപാധാനം അവദ്യ ഉപാധിപ്പം ബ്രഹ്മ ഇതൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ അപ്പൊ ശ്രുതി പ്രമാണമാണ് രണ്ടുപേരും ഈ വ്യാഹമനുഭവത്തിൽ നിഷേധിക്കുന്നത് പ്രത്യക്ഷമായി ഇതല്ല എന്താണ് രാമാനുജന് ഈ പറയുന്ന അഹമനുഭവത്തിന്റെ പിന്നിലിരിക്കുന്ന അണുവായ ജീവനാണ് അണുവാണ് മറ്റേ ബ്രെയിനിൽ എന്താ പറയുന്നത് ബൃഹത് ബൃഹത്തായ ബ്രഹ്മമാണ് ഈ അഹമനുഭവത്തിന്റെ പിന്നിൽ അണു എന്തിനായ അങ്ങനെയൊക്കെയാണോ അദ്ദേഹം പഠിക്കേണ്ടത് പഴയ രീതിയിൽ പഠിച്ചാൽ പോരാ മനസിലായ പണ്ടത്തെ ആൾക്കാർ പഠിക്കില്ല പണ്ടത്തെ ഓരോ ആനന്ദന്മാരൊക്കെ പഠിക്കുന്നൊരു രീതിയുണ്ടെന്ന് അതൊക്കെ പോയിട്ട് ഗുരുവിന്റെ ശിഷ്യന്മാരെങ്ങനെ പഠിക്കണം ആധുനിക രീതിയിൽ പഠിക്കുന്നു പുതിയ രീതിയിൽ പഠിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ തത്തമ്മാ പൂച്ച പൂച്ച എന്ന് പഴയ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവന് പറയുന്ന എന്താണ് തസ്യത്വിയത്യുതേന അക്രമേണ അമ്പ് പറഞ്ഞ രീതിയില് ശ്രുതിയാദി ബാധകത്വാണ് ശ്രുതിയാദികളതിനെ ബാധിക്കാൻ പറ്റത്തില്ല ശ്രുതി തന്നെ മുഖ്യം പിന്നെ ഒരു കാര്യമൊക്കെ എപ്പോഴും വെച്ചോളൂ എന്താണ് ശ്രുതി എന്ന് പറയുന്ന പഴയകാലത്തെ ആൾക്കാരുടെ പാട്ടാണ് അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം വന്ന പാട്ടുകളാണ് ഇതല്ലാതെ ഒരു ദൈവവും വന്ന് പാടിയതല്ല ദൈവത്തിന് പാട്ട് പാടല്ലല്ല ദൈവത്തിന്റെ പണി ദൈവം ആർക്കാ ഇത് പാടിക്കൊടുത്തത് എന്നാ പിന്നെ എല്ലായിടത്തും പോയി ദൈവം ഒരു പാട്ട് പാടിയാൽ മതിയായിരുന്നു ഈ അടികളെല്ലാം ഒഴിവാണികൾക്കും മുസ്ലിങ്ങൾക്കും യൌദന്മാർക്കും ഇപ്പൊ എത്ര പേരെ കൊല്ലുന്നു ഇവിടെ വന്ന് എല്ലാവർക്കും കൂടെ ഒരു ഭാഷയിൽ ഒറ്റ പാട്ട് ദൈവമാണിതൊക്കെ സൃഷ്ടിച്ചിട്ട് ഇവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഈ പല പാട്ടുകൾ പാടേണ്ടതുണ്ടൊക്കെ അതിനൊന്നും ഉത്തരം കിട്ടത്തില്ല അന്നത്തെ ഭാഷ അത് അന്നത്തെ ഭാഷയെന്ന് പറയുന്നത് ഇവിടത്തെ ഭാഷ ഇവര് സംസാരിച്ചിരുന്ന ഭാഷ ഇന്നത്തെ സംസ്കൃതമല്ല അതൊരു സംസ്കൃതത്തിന്റെ ഒരു പ്രാകൃത രൂപം അന്നത്തെ പിന്നെ അവര് ആ ഭാഷയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് വന്നവർ ആ ഭാഷയെ പരിഷ്കരിച്ച് അവർ പറഞ്ഞ ആശയങ്ങളെയും പരിഷ്കരിച്ച് ഭാഷയും പരിഷ്കരിച്ച് ആശയങ്ങളെയും പരിഷ്കരിച്ച് അവർ പുതിയ പുതിയ തത്വചിന്തകളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു ഭാഷയ്ക്കും മാറ്റം ആശയങ്ങൾക്കും മാറ്റം സമൂഹത്തിന് വിധി പ്രചാരണം കൂടിയത് പിൽക്കാലത്ത് ബുദ്ധിമാന്മാർ പാടിയവർക്ക് ഇതിനൊക്കെ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നും അവർക്ക് അറിയില്ലായിരുന്നു പാടിയ സമയത്ത് രാമാനുജനുമില്ല ശങ്കരാചാര്യ അവര് സ്വപ്നത്തിൽ പോലും കണ്ടില്ല നാളെ ഒരു കാലത്ത് ഇതിന്റെ പേരിൽ ഒരു അദ്വൈതവും ഇഷ്ടാദ്വൈതവും ദ്വൈതവും ഒക്കെ ഉണ്ടാകും പോലും അവര് സ്വപ്നം കണ്ടില്ല അവർക്ക് വന്ന എന്താണ് പാട്ടുകളെല്ലാം അവര് പാടി അവർക്ക് വന്ന പാട്ടുകളൊക്കെ അവർ പാടി അവരുടെ സന്തോഷം വന്നപ്പോൾ അവർ പാടി സങ്കടം വന്നപ്പോഴും പാടി അവർക്ക് പേടി വന്നപ്പോഴും പാടി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നപ്പോഴും പാടി പല പല പാട്ടുകൾ പാടി അതുകൊണ്ട് പറയുന്നു ശ്രുത്യാദിപിശ്ച സമസ്ത തീർത്ഥ പ്രാമാനുമാ അധ്യാസത്വം കൃത്യമായി പറയുന്നു സ്മൃതി ഇതിഹാസ പുരാണങ്ങൾ സമസ്ത തീർത്ഥകരെ എല്ലാ ഗുരുക്കന്മാരും പറയുന്നു പ്രാമാണ്യ അനഭ്യകമാ ആരും തന്നെ ഈ അഹംപർത്തെയും അഹംബോധത്തെ പ്രമാണമായി സ്വീകരിക്കുന്നില്ല എന്ന് ബ്രഹ്മമായി ആരും സ്വീകരിക്കുന്നില്ല എല്ലാരും പറയുന്ന എന്താണ് ഇതൊരു അഹംബോധമാണ് എന്തുകൊണ്ടാണ് എല്ലാരും ഇത് ബ്രഹ്മമായിട്ട് സ്വീകരിക്കാത്തത് എല്ലാരും ഒറ്റശ്വാസത്തിൽ പറയും പ്രമാണമല്ല എന്തുകൊണ്ടാണ് പ്രധാനമായും എല്ലാവരും പറയുന്നതിന് കാരണം ഇവരെല്ലാവരും ഉറക്കത്തിൽ എന്ത് ചെയ്യുന്നു ഇതില്ല അഹംബോധമില്ല നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോ നഷ്ടപ്പെട്ടു പോകുന്ന എങ്ങനെ ആത്മാവാകും ആത്മാവെന്ന് പറയുന്ന സ്ഥിരം നിക്കണ്ടേ സ്ഥിരം നിന്നാലേ പിന്നെ പുനർജന്മൊക്കെ കണക്കത്തുള്ളു അപ്പൊ അവര് മനസ്സിലർജന്മം കൂടിയേ തീരൂ അപ്പൊ ഒരു ആത്മാവ് വേണം അപ്പൊ പുനർജന്മെന്ന് പറയുന്ന ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസമാണ് അന്നത്തെ ആ വിശ്വാസത്തെ നിലനിർത്തണമെങ്കിൽ ആത്മാവ് വേണം അപ്പൊ അഹം ബോധത്തെ ആത്മാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പുനർജന്മം നടക്കത്തില്ല അതുകൊണ്ട് എന്താണ് നശിച്ചു പോന്നഹംബോധമല്ല അതിന്റെ പിന്നിലുള്ള നശിക്കാത്ത ആത്മാവ് അതാണ് സമസ്ത തീർത്ഥകരെയ തീർത്ഥകരന്മാരെന്ന് വെച്ച ഗുരുക്കന്മാര് തീർത്ഥ എന്നൊക്കെ നിങ്ങൾ പേരിന്റെ കൂടെ ചേർക്കുമല്ലോ എന്താണ് തീർത്ഥ തീർത്ഥിച്ച ഗുരു എന്നാണ് എന്റെ അർത്ഥം മനസിലായ ഇവിടെ ഏതോ ബോധി തീർത്ഥ തിരുരത്ന തീർത്ഥ അവരെല്ലാം ഗുരുക്കന്മാരാണ് പേരിന്റെ കൂടെ തീർത്ഥം എന്ന് വെച്ചാൽ അതിന് ഗുരുവിന്നേ അർത്ഥമുള്ളൂ വേറെ അതിനർത്ഥം അവരാരും തന്നെ ഈ അഹം പ്രത്യയത്തിന് കൽപ്പിക്കുന്നില്ല അത് പ്രമേയാണെന്നോ അല്ലെങ്കിൽ അത് ബ്രഹ്മത്തിന് പ്രമാണമാണെന്നോ രണ്ടുപേരും അധ്യാസത്വം അതുകൊണ്ട് എന്താണ് അധ്യാസമായി സ്വീകരിക്കുന്നു അധ്യാസമായി എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്നാലും ഇവിടെ പൊതുവായി പറയണം അത് സത്യമല്ല എന്നുള്ളത് അഹംബോധം എന്ന് പറയുന്നത് അദ്വൈതമനുസരിച്ച് അധ്യാസമാണ് വേദാന്ത അപേക്ഷിതാർത്ഥ അപ്പൊ വേദാന്തം എന്ന് പറയുന്ന എന്താണ് നേരത്തെ പറഞ്ഞു വിവക്ഷിതമായ അർത്ഥം ഉള്ളതല്ല മുമ്പ് നേരത്തെ പറഞ്ഞു വേദാന്തർ ഉപചരിതാർത്ഥാവ ജപമാത്ര ഉപയോഗി വസ്വാർത്ഥ എന്ന് വെച്ചാൽ വേദാന്തത്തിൽ പറയുന്ന എന്താണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആ പറയുന്നതിനൊന്നും കഴമ്പില്ലെന്നാണ് അതൊന്നും അങ്ങനെ ഒരു വിവക്ഷയില്ല പറഞ്ഞവർക്ക് അതിന്റെ ഒരു പരമമായ അർത്ഥത്തെ എടുക്കണമെന്നുള്ള താല്പര്യത്തിൽ ഒന്നും പറഞ്ഞല്ല എന്ന് നേരത്തെ പറഞ്ഞു അപേക്ഷിത സ്വർത്താഹ അതിന്റെ അർത്ഥത്തെ നിങ്ങൾ എടുക്കണ്ട അതൊക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് അതിനെന്ത് അത് ഗുണമായി പറയുന്നതാണ് അല്ലെങ്കിൽ പറയാം അതൊക്കെ ജപത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ് വെറുതെ ജീവിച്ചാൽ മതി അർത്ഥത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്നുവെച്ചാൽ ഉപാസനയുടെ ഭാഗമായിട്ട് വേണമെങ്കിലും എടുക്കാം എന്ന് പുരോക്ഷി പറഞ്ഞല്ലോ അത് ശരിയല്ല ഉപചരിതാർത്ഥ ഉപചരിതാർത്ഥം ഗുണമായ അർത്ഥത്തിൽ പറഞ്ഞാണ് മുഖ്യാർഥം അല്ല സത്യജ്ഞാന ആനന്ദം ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ അതും ശരിയില്ല കിന്തു ഉക്തലക്ഷണാഹാ പിന്നെ വേദാന്തം എന്താണ് ലക്ഷണത്തോടുകൂടി ഇതാണെന്ന് പറഞ്ഞാൽ നിത്യശുദ്ധ ബുദ്ധമുക്തമായ ആത്മാവിനെയാണത് പറയുന്നത് അതുകൊണ്ട് എന്താണ് അത് പരമപ്രമാണമാണ് ശ്രുതിയാണ് പരമമായ പ്രമാണം അത് നിത്യശുദ്ധ മുക്തമായ ആത്മാവിനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു പ്രത്യേകാത്മാ ഏവദേശാം മുഖ്യവർത്ഥം അതിന്റെയൊക്കെ മുഖ്യമായ അർത്ഥം എന്താണ് പ്രത്യേകാത്മാവാണ് അബാധിതമായിരിക്കുന്നു അദ്വിതീയമായിരിക്കുന്നു ബ്രഹ്മം അതാണ് പ്രത്യേകാത്മാവെന്ന് പറയുന്നത് അതാണ് അത് പറയുന്നത് അപ്പൊ ശ്രുതി വ്യാധികളെന്ന് ശ്രുതിയാണ് അതിന്റെ പ്രമാണം പ്രത്യക്ഷത്തിന് ശ്രുതിയെ ബാധിക്കാൻ പറ്റില്ല പ്രത്യക്ഷത്തെ ശ്രുതി ബാധിച്ചു അതിന്റെ അർത്ഥം നിത്യശുദ്ധ ബുദ്ധമുക്തമായ ബ്രഹ്മമാണ് അതുകൊണ്ടെന്താ തസ് ചരമാണേന സന്ദിഗ്ധ ഈ പറഞ്ഞ അദ്വിതീയമായ ആത്മതത്വം ഇനി പറയാൻ പോകുന്ന രീതിയിൽ എന്താണ് അത് സന്ദേഹമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഇനി പറയാൻ പോകുന്ന എന്താണത് കൂടസ്ഥ നിത്യമായ ബ്രഹ്മം സംശയമുണ്ട് ഈ അഹംബോധത്തിൽ നിന്നും വ്യതിരിക്തമായി കൂടസ്ഥ നിത്യമായ ഒരു ബ്രഹ്മമുണ്ടോ എന്ന് സംശയമുണ്ട് സന്ദിഗ്ധമാണത് പ്രയോജനവത്വാച്ഛ പിന്നെ അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് ഇനി പറയും യോജനം സമസ്ത ദുഃഖ ഉപശമരൂപം ആനന്ദേകരസം പരമം ഈ ബ്രഹ്മത്തെ അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് പരമാനന്ദമാണ് ഇവിടെ ഈ പറഞ്ഞു വരുന്നതൊക്കെ ഈ ഒരു ആനന്ദത്തെ മുൻനിർത്തിയിട്ടാണ് ഇതൊക്കെ പഴയ മീമാംസയുടെ ചുവടുപിടിച്ചാണ് ഇതൊക്കെ പറയുന്നത് അപ്പോ പഴയ ഒരു മീമാംസകരുടെ എന്താണ് മീമാംസകർ എന്ന് പറഞ്ഞ ഒരാണ് പുരോഹിതന്മാർ അവരുടെ ഒരു തന്ത്രമാണ് അവര് കണ്ടുപിടിച്ച കാര്യമാണ് എന്തുകൊണ്ട് ആൾക്കാര് യാഗം ചെയ്ണം അതിനവരൊരു യുക്തി കണ്ടുപിടിച്ചു എന്താണ് എന്തുകൊണ്ട് യാഗം ചെയ്യണം യാഗം ചെയ്യുന്നത് യാഗം ഇഷ്ട സാധനമാണ് എല്ലാ മനുഷ്യർക്കും സർവാൻപ്രത്യവിശിഷ്ടത്വം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടമായ ഒന്നിന് ഉപകരിക്കുന്ന ഒന്നാണ് എന്തു യാഗം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന എന്താണ് സുഖം ആനന്ദം പരമാനന്ദം അപ്പൊ ഈ പരമാനന്ദത്തിന് സാധന ഉപായമാണ് യാഗം അതുകൊണ്ട് എല്ലാവരും യാഗം ചെയ്യണം മീകംസികരാണ് എന്തിന് ആൾക്കാരെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുക അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള പരമാനന്ദം അതെന്താണ് അതാണ് സ്വർഗം എന്ന് ദുഃഖേന സംഭിന്നം അനന്തരം അഭിലാഷ ഉപനീതം ചത്പം ച സ്വപദാസ്പ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്ന ദുഃഖേന സംഭിന്നൽ ലേശം പോലും ദുഃഖമില്ലാത്തത് നജഗ്രസ്തം അനന്തരം ദുഃഖം അതിന്റെ ഇടയ്ക്ക് ഒരു തുള്ളി ദുഃഖം പോലും ഇല്ല അനന്തരം സുഖം നിരന്തരമാണ് അഭിലാഷ ഉപനീതം അഭിലാഷം സങ്കല്പം കൊണ്ട് വന്നുചേരുന്നുണ്ട് മോലിയാക്കന്മാരൊക്കെ പറയും പോലെ അവിടെ പോയിട്ട് അവിടെ ഇരുന്ന് പൊരിച്ച കോയിന് വേണമെന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ ഇവിടെ നിന്ന് കിട്ടാത്ത വലിയ പൊരിച്ച കോയിന് ഒരു വലിയ പ്ലേറ്റിന് മുമ്പ് കൊണ്ടുപോയി പ്രസംഗിക്കുന്നതാണ് ഇതാണ് സ്വർഗം അഭിലാഷം മനസ്സിൽ സങ്കല്പിച്ചത് വയറ് നിറച്ച് തില്ലാം പിന്നെ എടുത്ത് കളയാം എന്തുകൊണ്ട് വീണ്ടും പൊരിച്ച കോയ്യനാണോ എന്ന് വിചാരിച്ച് ഉടൻ വരും വലിയ പൊരിച്ചോ അത് പറയുന്നു വ്യത്യാസമൊന്നുമില്ല അല്ല അവർ പറയുന്ന മോശമാണ് ഇവിടെ പറയുന്നത് കേമാണെന്നൊന്നും വിചാരിച്ചു ഇവിടെയും പറയുന്നത് എന്താണോ അഭിലാഷിനെ ഒന്ന് സങ്കല്പിച്ച് സുഖം വന്നു ചേരും അല്ലാതെ തന്നെ സുഖം നിറഞ്ഞു കിടക്കുകയാണ് പിന്നെ വേണമെങ്കിൽ എന്തു ചെയ്യാം സങ്കല്പിച്ചിട്ട് സുഖത്തിനങ്ങോട്ട് ആറാട അതാണ് അതിനു വേണ്ടിയിട്ട് നീ എന്തു ചെയ്യണം ഞാൻ ചെയ്യണം അപ്പൊ അതെന്താ ഇഷ്ടം യാഗം എന്താ ഇഷ്ട സാധനം അപ്പൊ മനുഷ്യന് ഒരു തരത്തിലും ഒരു ധാരണയ്ക്കും വഴികൊടുക്കാത്ത ഒരു ഐഡിയയും കിട്ടാത്ത സ്വർഗ്ഗം എന്ന് പറയുന്ന ഒന്നിനെ പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിച്ചെന്താണ് അത് ഭയങ്കരമായ സുഖമാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് ആ സുഖം ഇവിടെ എന്താണ് കുഴിയെടുത്ത് അനാഥത്ത് തീയിട്ട് അത് നെയ്യൊഴിച്ച് ആടിനെയൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും എന്ന് പഠിപ്പിച്ച പുരോഹിതന്റെ ബുദ്ധിയാണ് ഈ ഇഷ്ട ജ്ഞാനം എന്ന് പറയുന്നു അതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നു അസുഖം കിട്ടുമെന്ന് അവൻ പ്രവർത്തിക്കും അപ്പോൾ ആ മീമാംസ പൂർവ്വമീമാംസ ഈ സിദ്ധാന്തത്തെ അദ്വൈതി എന്ത് ചെയ്തു അതുപോലെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്തിനും ബ്രഹ്മത്തെ അറിയാൻ പോകണം എന്തിനാ ഇവിടെ പറയുന്നു എന്താണ് അവിടെ പറയുന്നു സമസ്ത ദുഃഖ ഉപശമരൂപ ആനന്ദേകരസം ഈ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതെയായി പിന്നെന്തായിരിക്കും ആനന്ദ ഏകരസം എപ്പോഴും ആനന്ദം ഏകസ്വഭാവമായ ആനന്ദമാണ് ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ഇളകാതിരിക്കും ഒന്നാമത് പഴയകാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് വരയുന്ന മനുഷ്യരുടെ പറയാണ് എന്താണ് ആനന്ദേകരസം സമസ്ത ദുഃഖങ്ങളും അവസാനിച്ച് ആനന്ദേകരസംന്ന് പറയുമ്പോൾ പഴയകാലത്ത് മനുഷ്യന് എന്താണ് ഈ ആനന്ദം ആനന്ദത്തിന്റെ ഉപാധികളൊക്കെ വളരെ വിരളമാണോ ഉണ്ടെങ്കിൽ തന്നെ കുറെ നല്ല കാശുള്ള പ്രഭുക്കന്മാർക്ക് ചട്ടമ്പിമാർ എന്തെങ്കിലും ഉള്ളു അവർക്ക് മാത്രമേ എന്ത് എന്തെങ്കിലും കുറച്ച് ആനന്ദം അനുഭവിക്കാൻ പറ്റൂ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും എന്ത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായാലും ആനന്ദം കിട്ടത്തില്ല പിന്നെ എങ്ങനെ ആനന്ദത്തെ നേടാം ബ്രഹ്മജ്ഞാനത്തിലൂടെ ആദ്യം സ്വർഗത്തിലൂടെ നേടാമെന്ന് വിചാരിച്ച് കൊറേ കാലം അതിന്റെ പറയണെന്ന് പിന്നെ എന്ത് ചെയ്തു മനുഷ്യൻ വിചാരിച്ച് ഈ പരമമായ ആനന്ദത്തെ ബ്രഹ്മ കുറച്ചുകൂടെ എളുപ്പമായി വളരെ സിമ്പിളായിട്ട് നേടാം എന്ന് പറയും ആനന്ദത്തെ നേടാം എന്ന് പറയും അപ്പൊ നേടാൻ വേണ്ടി എന്തു ചെയ്തു ബ്രഹ്മജ്ഞാനത്തിന്റെ പിറകെ ആൾക്കാർ തിരിച്ചിതോ കിടക്കുന്നു ബ്രഹ്മജ്ഞാനത്തിന്റെ പിറകെ എത്ര കാലമായി എത്ര കാലം നേടി ആ അതിനാണ് ഊട്ടുവരയിൽ ചെന്ന് ഇടിച്ചു കയറുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ആനന്ദമൊക്കെ ഇരിക്കുന്നത് എവിടെയാണ് ഇടിച്ചു കയറിയ വല്ലപ്പോഴൊക്കെ ആനന്ദം കിട്ടും വല്ല ചക്കപ്പഴമോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റി തിന്നുമ്പോഴാണെന്ത് വരുന്നത് ആനന്ദം ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഇവിടെ പറയുന്നതാണെന്ത് ഇവിടെ പറയുന്നത് ഉള്ളതുപോലെ പറയണല്ലോ അതുകൊണ്ട് പറയുന്നത് എന്താണ് പ്രയോജനവത്വച്ച പ്രയോജനം ഈ ബ്രഹ്മജ്ഞാനവും പറയുന്നത് വെറുതെ അല്ല എന്താണ് സകല ദുഃഖങ്ങളും അവസാനിച്ച് പരമാനന്ദം അത് ആ യാഗം ചെയ് യാഗത്തെ കൊണ്ട് ചെയ്യിക്കുന്നതിന് ഈ ഇവർ എന്ത് ബുദ്ധിയാണോ പ്രയോഗിച്ചത് അതിലും പ്പ് ബുദ്ധിയാണ് ഇവിടെ ഉപയോഗിച്ചു എന്തു പറഞ്ഞു ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എന്തോരും പരമമായ ആനന്ദം ഉണ്ടാവും അതാണ് പ്രയോജന യുക്താജിജ്ഞാസ അതുകൊണ്ട് എന്താണോ ജ്ഞാതിമിച്ച ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ആരില് സംഭവിക്കാം യുക്തം തന്നെയാണ് അതിൽ ദോഷവൊന്നുമില്ല അകഥൊന്നുമില്ല കാരണം അങ്ങനെ ഒരു ആനന്ദം ഉണ്ടെങ്കിൽ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല പിന്നെ ആനന്ദം നമുക്ക് ആയാ ശങ്കരാചാര്യർ പറയും ഇവിടെ ദാമതികാര്യതൊക്കെ പറയുമ്പോൾ ശങ്കരാചാര്യ ഭാഷയത്തിൽ പറയും മോക്ഷത്തിൽ ഒരു തരത്തിലുള്ള ആനന്ദം ഉണ്ടാകത്തില്ല മോക്ഷം എന്ന് പറയുന്നത് ശരിക്കുള്ള മോക്ഷം എപ്പോഴാണ് മരിക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദൊന്നും ഉണ്ടാകത്തില്ല വെറുതെ പറയുന്നതാണെന്ന് ആനന്ദ അഭിവ്യക്തി എന്ന് നിഷേധിക്കുന്നു പിന്നെ ഇവര് പറയും എന്താണ് മരിക്കുന്ന കാര്യം പോട്ടെ ജീവിച്ചിരിക്കുമ്പോ ആനന്ദം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും സമാധിയില് സമാധി ഉണ്ടായ ഉണ്ടാവും എന്ന് പറയും ആനന്ദാഭിവ്യക്തി എന്ന് പറയും ആനന്ദാഭിവ്യക്തി എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനം അത് ആനന്ദ ജ്ഞാനത്തിൽ ആനന്ദം ഒന്നുമില്ല ബ്രഹ്മജ്ഞാനം വരുമ്പോ എന്തു ചെയ്യും അജ്ഞാനം നശിക്കുമ്പോ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ഒരാനക്കട്ടയാണ് മനസ്സിലായോ അപ്പൊ ബ്രഹ്മം പ്രകാശിക്കാന്ന് പറഞ്ഞ എന്താണ് ആനന്ദം ആ ആനന്ദം വഴിഞ്ഞൊഴുകയാണ് പറയുന്നത് ആനന്ദം പിന്നെ നിറഞ്ഞു കവിയുകയാണ് ഈ സോടാ തൊപ്പി പോ പൊട്ടിക്കുമ്പോ കണ്ടിട്ടില്ലേ സോട ഇങ്ങനെ പൊതുമൊന്നു അതുപോലെ ഈ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുവരും रैंग। െ പതഞ്ഞു പൊങ്ങൂന്നാണ് പറയുന്നത് എന്നാര പറയുന്നു പന്തു പറയുന്നത് ഇന്നത്തെ സയൻസ് പറയുന്നത് ചില കെമിക്കലുകൾ ബ്രെയിനിനകത്ത് പ്രവർത്തിക്കുമ്പോ എന്തുവരും ആനന്ദം വഴിഞ്ഞൊഴുകുമെന്നാണ് അതിന് ചില കെമിക്കലാണ് കാര്യം അങ്ങനെ അതുകൊണ്ടാണ് ഈ പിള്ളേര് ഇന്നത്തെ പിള്ളേരൊക്കെ എന്തു ചെയ്യുന്നു ലഹരികളൊക്കെ ഉപയോഗിക്കുന്നു അപ്പൊ ആ കെമിക്കൽ അങ്ങോട്ട് കൂടും അതിന് ഭയങ്കര ആനന്ദ ഇന്നത്തെ പിള്ളേർ മാത്രമല്ല നിങ്ങള് പോയി കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു എല്ലാവരും അല്ല കേട്ടോ വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഇരുന്ന് എന്താണ് കഞ്ചാവ് ഭാങ് ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതൊക്കെ അവരും എന്ത് ചെയ്യുന്നു അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പേരൻറെ കൂട്ടത്തി ആനന്ദനും കൂടെ അങ്ങ് കേനന്ദനം ചേർത്തി അവരെപ്പോഴും ആനന്ദത്തിലെന്നാണ് അത് കാണോ ഈ കൊമ്പോ അവരെപ്പോഴും ആനന്ദത്തിലാണ് എല്ലാം ഇങ്ങനെ ഈ ചില ചെറിയ പിള്ളേരുണ്ടല്ലോ എന്തോരസുഖം പിടിച്ച പിള്ളേർ എന്ത് അസുഖം എന്നാ ഗ്രഹി പിടിച്ച പിള്ളരുണ്ടെന്ന് ഗ്രഹണി ഗ്രഹണി പിടിച്ച പിള്ളരെന്ന് വെച്ചാൽ ഏഹ് എവിടെ ആ എല്ലാ പരിപാടികളുണ്ട് അത് ഇതാണ് കഞ്ചാവാണ് അപ്പൊ ഈ ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെ കവളും ഒക്കെ ഒട്ടി വയറൊന്നും കാണത്തില്ല വയറക്കുള്ളിലേക്ക് വരഞ്ഞിരിക്കും കമ്പ് പോലെ ഇരിക്കും ശരീരം ഇതിങ്ങനെ ആവുന്ന എന്താണ് യുവന്മാരെ നിരന്തരം കഞ്ചാവ് അടിച്ചിട്ടാണ് ഇവിടുന്ന് ഈ പോകുന്ന പെണ്ണുങ്ങളൊക്കെ യുവന്മാരെ ചെന്ന് കണ്ടിട്ട് പറയുന്നു തപസ് ചെയ്ത് ശരീരം ഇങ്ങനെ ആയിപ്പോയി യുവന്മാരുടെ കാല് വീഴ് കാ ഇത് അവിടെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാവും യുവന്മാരുടെ തപസ്സെന്ന് പറയുന്നത് ഈ കഞ്ചാവടിയാണ് നിരന്തരം അടിച്ചടിച്ചടിച്ച് യുവന്മാരുടെ വയറും പോയി കുടലും പോയി ആരോഗ്യവും പോയി ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ പോകുന്നവർക്ക് മലയാളത്തിൽ നിന്ന് പോയി കണ്ടിട്ട് ചില പെണ്ണുങ്ങളെ എഴുതി വെച്ചിരിക്കണം ഞാനങ്ങനെ നോക്കും ദൂരയിൽ നിന്ന് ഒരുത്തം വരുന്നു അയൊക്കെ തുണിയുണ്ട് തുണി ഇല്ല തുണി വരുന്നു പോകുന്നു എല്ലാം മായ ഈ വിഭ്രാന്ത് പിടിച്ച ഭ്രാന്ത് പിടിച്ച ഈ പെണ്ണുങ്ങളും അവിടെ ചെല്ലുമ്പോ എന്ത് ഇതൊക്കെ കാണുമ്പോ ഇത് ഇതുങ്ങൾക്കും പെട്ടണം കഴിഞ്ഞാൽ അല്ല ഇത് തൽക്കാലത്തേക്ക് അവസരം അഴിച്ചു പറ്റുന്നതിന്റെ ഇവർ ഈ പരിപാടി കഴിഞ്ഞതൊക്കെ എടുത്തു കൊടുക്കും ഇത് തൽക്കാലത്തേക്ക് വേണ്ടി മാത്രം ഇത് ചെറുതൊരു പബ്ലിസിറ്റി കുറച്ചു കേട്ടോ എല്ലാം കുറച്ച് നല്ല ആശ്രമങ്ങൾ കൊണ്ട് അവർ കഞ്ചാവ് അവിടെ ഇപ്പൊ കൈലാസാശനം പോലെയുള്ള അവിടെയൊന്നും കഞ്ചാവ് അവിടെ ആരെങ്കിലും അതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം പുറത്താക്കും അവിടെ വളരെ ഡിസിപ്ലിൻ ഈ അക്കാടകൾ എന്നൊക്കെ പറയുന്നത് മിക്കവാറും കഞ്ചാവൂർ കേന്ദ്രങ്ങളാണ് പണ്ടക്കാച്ച് ഈ അക്കാടകളൊക്കെ താമസിച്ചിട്ട് വന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ പരിപാടികളും ഉണ്ട് ഏഹ് അഗോരി എന്ന് പറഞ്ഞ അന്മാരെ ബ്രാന്റി വിദേശമായി അടിക്കത്തു കഞ്ചാവുകളൊക്കെ കൂടിയ സാധനങ്ങളാണ് ഈ എന്ന് പറയുന്നത് കാശീലൊക്കെ പോയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം എന്നിട്ട് ഇവര് ഇതൊക്കെ ഇതൊക്കെ അടിച്ചിട്ട് അവർ പറയുന്നതൊക്കെ സിദ്ധിയാണെന്നാണ് ഇതൊക്കെ അടിക്കുന്നത് വിദേശ മദ്യമാണ് പ്രധാനമായ പരിപാടി എന്നിട്ട് അവർ പറയും ഞങ്ങളുടെ പ്രസ്തകത്തിൽ എഴുതി തന്ത്രശാസ്ത്രത്തിലുണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന കുറച്ച് ഇതൊന്നും ഉപയോഗിക്കാത്ത ഇപ്പൊ രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാര് ചിന്മിയ മിഷനിലെ സന്യാസി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേര് മാത്രം എന്തു ചെയ്യും കുറച്ച് പേര് എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേര് ഡിസിപ്ലിനൊക്കെ ജീവിക്കും വൈലാശാസനവും പോലെയൊക്കെ ഉള്ളതല്ല ബാക്കിയെല്ലാം വെള്ളമടിയും കഞ്ചാവടിയും ഒക്കെ ആണെങ്കിൽ കുംഭവേനയാലും എവിടെ ആയാലും ശരിയന്മാര് അതാണ് ചെയ്യും തീം കൂട്ടി അതിൻ്റെ അടുത്ത് തണുപ്പല്ലേ അതിന്റെ അടുത്തു വെയിലും കാച്ചി തീയും കാച്ചി കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കും അതിന് ഒരാൾക്കാരും കൂടും ആൾക്കാരവിടെ കൂടുന്നതന്നെ എന്താണ് ഇതിനകത്ത് കഞ്ചാവ് പഠിച്ചാൽ ഒരു പ്രശ്നം ും പിടിക്കത്തില്ല ഒന്നും പിടിക്കത്തില്ല ഇത് ഇടയില് പോലീസുകാരും വന്ന് അടുത്തിരുന്ന് പിടിച്ചു വലിച്ചിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ അത് പൈസക്ക് വേണ്ടി അവരെന്തോ അഭിപ്രായങ്ങളും കാണിക്കും ഇതൊക്കെ കാണിക്കുന്ന പണത്തിന് വേണ്ടിട്ടാണ് എന്നിട്ട് ഇതിനൊക്കെ ഭയങ്കര പബ്ലിസിറ്റി കൊടുത്ത് ഇതാണ് ഇന്ത്യയുടെ സനാതന സംസ്കാരം ആത്മീയത അല്ല കുപ്പ് ഇത് എവിടേക്കാ അവര് കൊണ്ടുപോകുന്നതിന് എവിടേക്കായിരുന്നു എന്നിട്ട് കുതിരപ്പുറത്ത് രഥത്തിന്റെ പുറത്തും പഴയപ്പുറത്തും ഇപ്പൊ രഥമില്ലാത്തതുകൊണ്ട് ട്രാക്ടർ രഥം പോലെയൊക്കെ കട്ടിവെച്ച് അതിന്റെ പുറത്ത് കയറിയിരുന്നു ഘോഷയാത്രയൊക്കെ എടുത്തു എന്തായാലും അവർക്കൊക്കെ ആനന്ദമുണ്ട് അങ്ങനെ ഇരുന്നവരന്തായിരിക്കും ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ടില്ല എനിക്കറിയത്തില്ല അതുകൊണ്ട് പറയുന്നു പ്രയോജനമത് പരമാനന്ദമായ പ്രയോജനം ഉണ്ടെങ്കിൽ യുദ്ധ അതുകൊണ്ട് ബ്രഹ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസ അറിയുന്നതിനുള്ള ആഗ്രഹം ഈ ആശയത്തോടുകൂടി ഇന്നൊരു കഥാപാത്രം ആരാണ് വ്യാസൻ ആരാണ് പാതരായണൻ അറിയത്തില്ല ഏതോ ഒരു മഹാൻ ഇങ്ങനെ ഒരു സൂത്രത്തെഴു സൂത്ര അസൂത്രയെ ജിജ്ഞാസാസൂത്രം എന്ന് വെച്ചാൽ ബ്രഹ്മ ജിജ്ഞാസോ എന്ന് പറയുന്ന ഈ സൂത്രത്തെ അസൂത്രയെ രചിച്ചു ജിജ്ഞാസായ സന്ദേഹപ്രയോജന ഇവിടെ വിവരണകാരനും ഭാവനികാരനും തമ്മിൽ വ്യത്യാസം വിവരകാരം പറയുന്നത് എന്താണ് ജിജ്ഞാസ എന്നുള്ള പദത്തിൽ പദം രക്ഷണാ വൃത്തിയിലൂടെ വിചാരമെന്നുള്ള അർത്ഥത്തെന്നാണ് ജിജ്ഞാസ ലക്ഷണേയും സ്വീകരിക്കണമെന്നാണ് ജ്ഞാതം ഇച്ഛ ജിജ്ഞാസ എന്നാണ് ആര് പറയുന്നത് വിവരണകാര്യം നമ്മുടെ ലക്ഷണേ സ്വീകരിക്കുന്നു നമ്മുടെ ഭാവനികാരം പറയുന്ന അതിന്റെ ആവശ്യമില്ല ജിജ്ഞാസ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് സന്ദേഹത്തെയും പ്രയോജന അപ്പൊ ജിജ്ഞാസന്ന് വെച്ചറിയുന്ന ഇച്ഛ അപ്പൊ സന്ദേഹമുള്ളടത്ത് ഇച്ഛ വരും മനസിലായ അറിയുന്നതിനുള്ള ഇച്ഛ ഇച്ഛ വരുമ്പോ എന്തൊരു വിചാരം വരും അപ്പൊ ഇതെല്ലാം ഈ സൂത്രത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ലക്ഷണയുടെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഇതിങ്ങനെ വരും ഒരാൾക്ക് എന്ത് സന്ദേഹമാണ് വരുന്നത് ഈ അഹംബോധത്തിൽ നിന്നും വ്യതിരിക്തമായി ഒരു ആത്മാവുണ്ട് ഇല്ല ഉണ്ടെങ്കിൽ അത് നിത്യ ശുദ്ധ ബുദ്ധിമുട്ടമാണോ അല്ലയോ അത് തന്നെയാണോ ബ്രഹ്മോ അത് അതെയോ അത് വേറെയാണോ ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളോ അതാണ് സംശയം ഉണ്ടാകുമ്പോ എന്ത് വരുന്നു അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു ആഗ്രഹം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നു വിചാരം ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യുന്നു സംശയം ആഗ്രഹവും വിചാരം അങ്ങനെ പൊക്കളു അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നു ബ്രഹ്മജിജ്ഞാസ ജിജ്ഞാസന്നുള്ളതുകൊണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടെ രക്ഷണ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഭാമതികാന്റെ അഭിപ്രായം മറ്റൊരു വിചാരത്തിൽ രക്ഷണന്ന് പറയും അവിടെ വിചാരം കർത്തവ്യ എന്നർത്ഥം പോയി ധർമ്മത്തെക്കുറിച്ചുള്ള വിചാരം ചെയ്യേണ്ടതാണ് ശരി <sighs>